അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ എബ്രാഹർ കെയിലേനെ പതിമൂന്നാമധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ മഹാപുരോഹിതൻ പാവപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുവളയുന്നു അങ്ങനെ യേശുവും സ്വന്തം ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാരി പുറത്ത് വച്ച് കഷ്ടം അനുഭവിച്ചു ആകെയാൽ നാം അവൻ്റെ നിന്നെ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഇവിടെ നമ്മൾ അതിൻ്റെ പത്താമത്തെ വാക്യം നമ്മൾ അവിടെ ചിന്തിച്ചത് പഴയ നിയമത്തിലെ കൂടാരത്തെ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്തൊരു യാഗപീഠമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ മുതൽ പഴയ നിയമത്തിലെ ആരാധനയിലേക്ക് കർത്താവിൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ വഴിയെ ചേർത്ത് ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പതിനൊന്നിലെ നമ്മൾ കാണുന്നത് മഹാപുരോഹിതൻ പാരപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഖങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം അതായത് ഈ വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഒരു അല്പവ്യത്യാസം ഇങ്ങനെയാണ് അതായത് വിശുദ്ധ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ പാപപരിഹാരമായിട്ട് രക്തം കൊണ്ടുപോകുന്നുണ്ട് ആ രക്തം ഏത് മൃഗത്തിൽ നിന്നെടുത്തോ ആ മൃഗത്തെയും മുഴുവനായിട്ട് പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്ന ഒരു രീതിയുണ്ട് ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ബലിയായിട്ട് അർപ്പിക്കപ്പെടുന്ന ആ യാഗവസ്തു ആ യാഗവസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ യാഗമൃഗത്തിൻ്റെ രക്തം ഇവിടേക്ക് പോകുന്നു രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നു എന്നാൽ അതിൻ്റെ ഉടലെങ്ങോട്ട് പോകുന്നു ഉടലെ പാളയത്തിന് പുറത്ത് ആ നിലയിൽ അത് ചുട്ടുകളയാനായിട്ട് പുറത്തേക്ക് പോകുന്നു ഇങ്ങനെയാണ് അവിടെ പറയുന്നത് നമ്മളെ കഴിഞ്ഞ ഈ കാര്യങ്ങളെ ചിന്തിച്ചു പലതരത്തിലുള്ള യാഗങ്ങളുണ്ട് പാതയാഗം അകൃത്യാഗം ദഹനയാകോ പോദനയാകം സമാധാനയാകോ സ്തോത്രയാഗം ഇങ്ങനെയുള്ള പലതരമായ യാഗങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ചില യാഗങ്ങളിൽ നിന്ന് ഉള്ള ആ അതിൻ്റെ മൃഗത്തിൻ്റെ ഉടല് തീല് ചുട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് പുരോഹിതനും ഒക്കെ ഭക്ഷിക്കാനായിട്ട് കഴിയും യാഗവസ്തുവിനെ കൊണ്ടുവന്ന ആൾക്കും ഒക്കെ ഭോജനയാഗമൊക്കെ കഴിക്കുമ്പോൾ അതിന് അവർക്ക് അതിൽ നിന്ന് അഹോവൃത്തി കഴിപ്പാനായിട്ട് കഴിയും എന്നാൽ പാപയാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷനില്ല പാപയാഗത്തിൽ എന്താ ഉള്ളത് പാപത്തിന് പരിഹാരമായിട്ടുള്ള ആ യാഗത്തെ സംബന്ധിച്ചിടത്തോളം പാപയാഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അകൃത്യാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുരോഹിതന് ഭക്ഷിപ്പാനായിട്ട് ഇല്ല ഭക്ഷിപ്പാനായിട്ടില്ല അത് അതിൽ നിന്ന് അഹോവൃത്തികരിപ്പാനായിട്ടില്ല നമ്മൾ അതിൻ്റെ തലേവാക്യത്തിൽ ഈ കാര്യം വിശദമായിട്ട് ചിന്തിച്ചതാണ് ഇവിടെ ഈ പാപപരിഹാരമായിട്ട് പാപയാഗത്തെ തന്നെ പറയുക ഈ പാപയാഗത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല രക്തം ഇങ്ങോട്ട് പോകുന്നു രക്തം അവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന് പ്രസാദമായിട്ട് പോകുന്നു അതേസമയം തന്നെ ഉടല് ഉടലെ പുറത്ത് പ്രാളയത്തിന് പുറത്ത് അത് കൊണ്ടുവന്ന് മൊത്തത്തിൽ ചുട്ടുകളയുന്ന ഒരു കാര്യമാണ് കാണുന്നത് ഇത് നമ്മൾ ലേവിയ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ടാ പറയുന്നുണ്ട് ലേവിയാപുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ പാപയാഗത്തെ കുറിച്ച് പറയുമ്പോ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കുക പതിനഞ്ചാമത്തെ വാക്യം പതിനാറിന്റെ പതിനഞ്ചാമത്തെ വാക്യം അല്ലെങ്കിൽ പതിനാല് മുതൽ അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന് മുൻപ് തളിക്കണം അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് മുമ്പിലും ഏഴ് പ്രാവശ്യം തളിക്കണം കൃപാസനം എവിടെയായിരിക്കുന്നത് തിരശീലയ്ക്ക് അപ്പുറത്തായിരിക്കുന്നത് അതായത് അതിവിശുദ്ധ സ്ഥലത്താണ് കൃപാസനം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയാണ് ഈ രക്തം അവിടേക്കാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കൊണ്ടുപോകുന്നത് അപ്പം ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കൃപാസനത്തിൻ്റെ ഈ രക്തം കൊണ്ടുപോകും ആ വാക്യം പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാതയാകത്തിൻ്റെ കോലാട്ടുപോറ്റിനെ അടുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് ഏഹ് കാളയുടെ രക്തം കൊണ്ടും ചെയ്ത പോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന് കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം അപ്പോൾ ഈ പാപയാഗം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പാപയാഗത്തെ കുറിച്ചാണ് പറയുന്നത് പാപയാഗത്തിൽ എന്ത് ചെയ്യണം പാപയാഗത്തിൽ അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് അതായത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൃപാസനത്തിന് മുൻപാകെ തളിക്കണം ഇതെങ്ങനെയാണ് കാണിക്കുന്നത് ദൈവത്തിന് ദൈവം പാപത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഒരു ദൈവത്തിൻ്റെതായ ഒരു നിയമമുണ്ട് എന്താ അത് നമ്മളത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഏതാ രക്തം രക്തച്ചൊരിച്ചിലില്ലാതെ എന്തില്ല പാപമോചനമില്ല പാപമോചനമില്ല രക്തച്ചൊരിച്ചിലില്ലാതെ പാപമോചനമില്ല ദൈവത്തിൻ്റെ മാറ്റി കൂടാത്ത ഒരു പ്രമാണമാണത് അങ്ങനെ വരുമ്പോൾ അവിടെ രക്തം രക്തം കണ്ടു കഴിയുമ്പോഴാണ് ദൈവം ആ പാപത്തിൻ്റെ പരിഹാരം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരാൻ പോകുന്ന കാൽവരക്രൂശിലെ യാഗത്തിൻ്റെ നിഴലായിട്ട് കർത്താവിൻ്റെ വരവിന് മുമ്പ് നടന്ന എല്ലാ യാഗങ്ങളിലും യഹൂദ ദേവാലയങ്ങളിൽ നടന്ന അല്ലെങ്കിൽ യഹൂദൻ്റെ സിന്നബോഗിൽ അല്ല അവൻ്റെ കൂടാരത്തിൽ നടന്ന ആ നിലയിലുള്ള പാവപരിഹാരമായിട്ട് ഏത് യാഗത്തിലും ആ രക്തം എവിടേക്കും കൊണ്ടുവരുന്നു രക്തം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു രക്തം കാണുമ്പോഴാണ് ഈ പാപത്തിന് പരിഹാരമായിട്ട് രക്തച്ചൊരിച്ചിലില്ലാതെ പാപത്തിന് മോചനമില്ല എന്ന ദൈവത്തിൻ്റെ പ്രമാണം അവിടെ വെച്ച് തൃപ്തിപ്പെടുന്നു അങ്ങനെ പാപത്തിന് പരിഹാരം വരുന്നു ഇത് പിന്നീട് എന്ത് സംഭവിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതോടെ അങ്ങനെ ഒരു അക്ഷരീകമായിട്ട് ഒരു രക്തവുമായിട്ട് ഇന്നൊരു പുരോഹിതൻ ചെല്ലുന്നില്ല മറിച്ച് എന്താ ചെയ്യുന്നത് കർത്താവായി യേശുസ്തു താൻ തന്നെ ആ നമ്മളഭിപ്രായത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങളെടുത്ത് നോക്കാം കർത്താവ് തന്നെ ഈ രക്തവുമായിട്ട് പിതാവിന്റെ സന്നിധിയില് താൻ അത് കൊണ്ടുവന്ന കാഴ്ച വെച്ചിട്ടുണ്ട് ആ രക്തത്തിലുള്ള ആശ്രയത്വത്തിലാണ് ഇന്നും നമ്മുടെ പാവങ്ങളുടെ പരിഹാരം നടക്കുന്നത് അവ ലേ പുസ്തകത്തിലാണ് നമ്മൾ വായിച്ചത് പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാറാമധ്യായത്തിന്റെ പതിനഞ്ചിൽ വായിച്ചത് രക്തം എന്ത് പാതയാഗത്തിൽ അറുക്കപ്പെടുന്ന കോലാട്ടുപോറ്റൻ്റെ രക്തം തിരശീലയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാതയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുപോറ്റനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം അവയുടെ തോലും പാംസവും ചാണകവും തീമിട്ട് ചുട്ടുകളയണം കണ്ടോ പിന്നൊന്നും അവശേഷിക്കുന്നില്ല രക്തം ദൈവത്തിന് ആ ഉടലും ഇതുമെല്ലാം കംപ്ലീറ്റായിട്ട് പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളയുന്നു ഇതായിരുന്നു പഴയ നീമ ആ രീതി ഈ പഴയ നീമ രീതി എന്തിനാണ് ഇവിടെ പതിനൊന്നാമത്തെ വാക്യത്തിൽ എബ്രായർ പതിമൂന്നിന്റെ പതിനൊന്നിൽ എന്തിനാണ് പറഞ്ഞത് അതിനെ യേശുവിനോട് ചേർത്ത് പറയാൻ വേണ്ടിയാണ് പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ കണ്ടോ അങ്ങനെ എന്നൊരു ഘടകപഥക്കൊട്ട് പതിനൊന്നിനെയും പന്ത്രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക അതായത് പതിനൊന്നിനെന്ത് പറഞ്ഞു പാപയാഗമായിട്ട് അർപ്പിക്കപ്പെടുന്ന കാളയാകട്ടെ കോലാട്ടുകോറ്റനാകട്ടെ അതിൻ്റെ രക്തം അതിനിശ്ചിത സ്ഥലത്തും അതിൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത് ചുട്ടുകളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അതേപോലെ തന്നെ യേശു എന്തു ചെയ്തു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിച്ചു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിച്ചു എന്നിട്ടോ എന്നിട്ട് സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിച്ചു എന്നിട്ട് താന് നഗരവാതിലിന് പുറത്ത് പാളയത്തിന് പുറത്ത് താൻ തന്നെ തൻ്റെ ഉടൽ ആ ചുട്ടുകളയുന്നത് അവിടെ താന് കഷ്ടമനുഭവിക്കുകയും ചെയ്തു കണ്ടോ ഇവിടെ ഈ പാവപരിഹാര നടക്കുന്ന ആ യാഗമൃഗത്തോട് ചേർത്താണ് യേശുവിൻ്റെ പാവപരിഹാര പറയുന്നത് യേശു എവിടെയാണ് ക്രൂശിക്കപ്പെട്ടത് യേശു എവിടെയാണ് ഗോഗോഥാ മലമുകളിലാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുണ്യനഗരമാണ് യെറുശലി ആ എറുശലേമിൽ ആ ഈ ഒരു പാപ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നിഴലായിട്ടുള്ള ക്രൂശിമരണം ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശമിക്കപ്പെട്ടവർ ശമിക്കപ്പെട്ടത് അങ്ങനെ ഒരു ക്രൂശീകരണം എവിടെ നടക്കാൻ ഈ നഗരത്തിനുള്ളിൽ നടക്കാനാവുകയല്ല നഗരത്തിന് പുറത്ത് പുറത്ത് അതുകൊണ്ടാണ് ഈ കൂശീകരണമൊക്കെയും ആ ഗോൽഗോത്താമല മുകളിൽ അവിടെ നടന്നത് ഇതിന് പുറത്ത് നടന്നു പുറത്ത് നടന്നെങ്കിൽ യേശുവിൻ്റെ രക്തം അവിടെ വീണെങ്കിലും ആ യേശുവിൻ്റെ രക്തത്തെ നമ്മൾ ഇതിനോട് ചേർത്ത് എന്താ എബ്രാഹ്ലോഹിനകരം പറയുന്നത് ആ രക്തവുമായിട്ട് കർത്താവ് എന്ത് കർത്താവ് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്ന് പിതാവിൻ്റെ മുമ്പാകെ ആ ഒരു മഹാപുരോഹിതൻ പാവയാഗത്തിൻ്റെ അർപ്പിക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തവുമായി കടന്നു ചെല്ലുന്നത് പോലെ യേശു എന്ത് ചെയ്തു യേശു താൻ തന്നെ മഹാപുരോഹിതനാണ് താൻ തന്നെ ബലിമൃഗമാണ് കണ്ട് രണ്ട് കർത്താവിൽ വന്ന് യോജിക്കുക കർത്താവ് തന്നെയാണ് ആ രക്തവുമായിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോയത് ആരുടെ രക്തം തൻ്റെ തന്നെ രക്തം താൻ തന്നെയാണ് പാപരിഹാര യാഗമൃഗം താൻ തന്നെയാണ് പുരോഹിതനും കണ്ടോ ഇത് രണ്ട് കർത്താവിൽ വന്ന് യോജിക്കുക ചെയ്ത് അങ്ങനെ കർത്താവ് തന്നെ രക്തവുമായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു അതേസമയം പഴയ നിയമത്തിലെ യാഗത്തിന് ഉണ്ടോയുള്ളൂ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് പ്രത്യേക അകൃത്യം നമുക്കുണ്ടായി ആ അകൃത്യത്തിന് പരിഹാരമായിട്ട് നമ്മളൊരു കോലാട്ടുപോറ്റിനെ കൊണ്ട് വന്നു അതിന് പരിഹാരം ആയിട്ട് ഈ രക്തവുമായിട്ട് കൃപാസനത്തിൽ ചെന്ന് തളിച്ചു അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു അകൃത്യം മോചിക്കപ്പെട്ടെങ്കിലും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പം മറ്റൊരു അകൃത്യം ചെയ്താൽ എന്തോ വേണം പിന്നെയും വേറൊരു മൃഗവുമായിട്ട് നമ്മൾ വരണം എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ യാഗത്തിൻ്റെ പ്രത്യേകത എന്താ ഒരിക്കലായി എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു നമ്മളിതെല്ലാം അഭിപ്രായലേഖനത്തിൽ വായിച്ചിട്ടുണ്ട് ഒരിക്കലായി എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് അതുകൊണ്ട് കർത്താവ് എന്ത് വേണ്ട ഇന്ന് കൂടെ കൂടെ ആളുകളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിക്കേണ്ട മരിക്കേണ്ട താൻ ഒരിക്കൽ മരിച്ചു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനേഷൻ പൂർത്തിയായി മറ്റടത്തെന്തില്ല പൂർത്തിയായി എന്നൊരു മഹാപുരോഹമെന്ന് പറയാനൊക്കുകയില്ല മഹാപുരോഹം തന്നെ പൂർത്തിയായി എന്ന് പറയാനൊക്കെയില്ല കാര്യം ഒന്ന് വ്യാഴം കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെയും അടുത്ത കാളയെ കൊണ്ട് വന്നേക്കുന്നത് ഉടനെ അതുകൊണ്ടുതന്നു നമ്മളെ ഇബ്രാഹി ലേഖനത്തിൽ തന്നെ ഒരു കാര്യം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ ഈ പഴനീമ യഹൂദന്റെ ദേവാലയത്തിൽ എന്തില്ല അവിടെ പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട് യാഗപീഠമുണ്ട് കൃപാസനമുണ്ട് തൂവക്കുറ്റിയുമുണ്ട് പല കാര്യങ്ങളുണ്ട് അക്കമിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഈ മഹാവിരോധൻ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട ആ ഒത്തിരി ഒത്തിരി മാനുവൽ ലേബർ തന്നെ ഈ പുരോഹിതനുണ്ട് നമ്മളെ വലിയൊരു കരുത് ഈ പരിപാടിക്ക് വെച്ചിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഓ ഇത് വലിയ അധ്വാനമാണ് എന്താ ഇതെടുക്കണം പിടിക്കണം അവിടെ കൊണ്ടില്ലണം അവിടെക്കണം ഇവിടെ ഈ ഇതിനിടയിലെങ്ങാണോ ഒന്ന് കാലുമടക്കത്തിൽ നിന്ന് ഇരിക്കാമെന്ന് വെച്ചാൽ അവിടെ എന്തില്ല അവിടെ ഇരിക്കാനൊരു സംവിധാനമില്ല ഇരിക്കാനൊരു സംവിധാനമില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഉപകരണങ്ങളിൽ കാഴ്ചപ്പത്തിൻ്റെ മേശം അവിടെ നിന്നുകൊണ്ട് മേശപ്പുറത്ത് അപ്പമൊക്കെ വെച്ചു ഇരിക്കാനൊരു സ്റ്റൂളെങ്കിലും ദൈവം ക്രമീകരിക്കേണ്ടായിരുന്നു കാലുകൂടെ കത്തിന് ഇരിക്കാനൊരു അതിനെക്കുറിച്ച് എത്ര ലോകത്ത് നമ്മളീ കാര്യം ചിന്തിച്ചിട്ടുണ്ട് നമ്മളെന്താ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇരിക്കാനൊരു സംവിധാനം ഇരിക്കാനുള്ള സംവിധാനം കാരണം ഈ ഇവൻ്റെ യഹൂദൻ്റെ ഈ ദേവാലയത്തിൽ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ അതിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ് അതിനൊരു പൂർത്തീകരണമില്ല ഇരിക്കുക പറഞ്ഞാൽ എന്താ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ ഇരുന്നു താൻ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇരുന്നാൽ തീർന്നു ഫുരുഷ്ണു എന്നാൽ ഇവൻ്റെ ഈ പരിപാടി യഹൂദൻ്റെ ഈ ദേവാലയത്തിൽ ഒരിക്കലും ഒരു പൂർത്തീകരണമില്ല നിന്നും നിന്നും ചെയ്തും ചെയ്തും ഒന്നു കഴിഞ്ഞു അടുത്തത് ചെയ്തു അതേസമയം കർത്താവിനെക്കുറിച്ച് പറഞ്ഞതോ അവൻ ഒരിക്കലായിട്ട് ചെന്ന് അവിടെ ഇത് ചെയ്തിട്ട് ദൈവത്തിൻ്റെ വലത്വഭാഗത്ത് ഇരുന്നു യേശു എന്താ ചെയ്തു യേശു ഇരുന്നു യേശു ഒരിക്കലായിട്ടേ തന്നെ വ്യക്തം കൊണ്ട് ചെന്നുള്ളൂ പക്ഷെ അത് ചെന്നിട്ട് ഇപ്പൊ കർത്താവ് എവിടെ എന്തിരിക്കുന്നു എന്തു ചെയ്യുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു ഇരുന്നു ആ ഇരുന്നു എന്നുള്ളത് കാണിക്കുന്നത് എന്താ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പൂർത്തിയായി എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നോക്കുക കർത്താവ് ചെയ്യാൻ പോകുന്ന ആ ആ രക്ഷപ്രവർത്തിയുടെ ഒരു മെഴലായിട്ടാണ് യഹൂദൻ്റെ ഇതെല്ലാം ഇരുന്ന് ഇന്നും സത്യസന്ധമായിട്ടൊരു യഹൂദനുണ്ടെങ്കിൽ അവൻ ഈ കാര്യം ഈ ഈ എബ്രാഹിം ലേഖനം എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക എബ്രാഹിം ലേഖനം ആർക്കു യഹൂദ മതത്തിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികളെ ഉറപ്പിക്കാൻ വേണ്ടി അല്ലെ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉള്ള പുസ്തകമാണ് ഈ എബ്രാഹിം ലേഖനം ഇത് ഫൈലോസ് ഫൈലോസ് അഹമ്മദ് എഴുതിയതെങ്കിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെ ചേർത്ത് നോക്കേ നിങ്ങളുടെ ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഭക്തിയുണ്ട് നിങ്ങളുടെ പുരോഹിതനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ അപ്രീസിയേഷനുണ്ട് നിങ്ങളുടെ യാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ചിന്തകളുണ്ട് പക്ഷേ അതിലൊന്നും എന്തില്ല ഒരു പൂർത്തീകരണമില്ല ഈ പൂർത്തീകരണം എവിടെ നടന്നുള്ളൂ ഞാൻ ഘോഷിക്കുന്ന ഞാൻ ഉദ്ഘോഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവയാണ് നടന്നത് യേശു തൻ്റെ രക്തം കൊണ്ട് രക്തവുമായിട്ട് പരിശീലിക്ക അപ്പുറത്തേക്ക് പോയി തൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് അത് ായി കണ്ടോ രണ്ടും ഇതെല്ലാം അതിനോട് ചേർത്ത് പറയുക ചേർത്ത് പറയുക നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാതെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്ക് മടങ്ങി വരാം യേശു എന്ത് ചെയ്തു യേശു സ്വന്തം ജനത്തെ വിശുദ്ധീകരിക്കുന്നു ജനത്തെ വിശുദ്ധീകരിക്കുക കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് മൂന്നാമധ്യായം എബ്രാഹിം ലഹിനും മൂന്നാമധ്യായത്തില് അതുകൊണ്ട് പറയുന്നത് എന്താ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളെ വിളിക്കുന്നത് എന്താ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ കണ്ടോ നമ്മളെ വിശുദ്ധ സഹോദരന്മാർ നമ്മൾ വിശുദ്ധരാകുന്നത് ഇവിടെ ആ പതിമൂന്നിൻ്റെ പന്ത്രണ്ടിൽ കാണുന്നു യേശു സ്വന്തം രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായിത്തീരുന്നത് രണ്ടാമധ്യായം എബ്രാഹി ലൈവനും രണ്ടാമധ്യായം ഈ ഭാഗം പതിമൂന്നാമത്തെ അധ്യായം മറിക്കാവുന്നതന്നെ രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരിക അത് ആരാ ചെയ്യുന്നത് രണ്ടിൻ്റെ പതിനൊന്ന് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവനവരെ സഹോദരിൽ നിന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ കണ്ടു അപ്പോൾ ഈ വിശുദ്ധീകരിക്കപ്പെടുന്നു വി നമ്മളെ വിശുദ്ധരാക്കുന്നു വിശുദ്ധരാക്കുന്നതാര വിശുദ്ധീകരിക്കുന്ന കർത്താവാണ് കർത്താവായി യേശു ക്രിസ്തുവാണ് എന്നുള്ള കാര്യം അവിടെ പറയുക ഈ പതിമൂന്നിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ പതിമൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് അവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നു അങ്ങനെ നമ്മളെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചത് യേശു ആണെന്ന് ഇവിടെ പറഞ്ഞത് രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിനും അവിടെ നിന്ന് തന്നെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു ഇനിയും യേശു എന്ത് ചെയ്യുന്നു ഈ രക്തവുമായിട്ട് എങ്ങോട്ട് കടക്കുന്നു ആ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതാമത്തെ അധ്യായം എപ്രായലേഖനത്തിലാണ് ഇതെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാര്യവിഹൂതനോട് ചേർത്ത് ചിന്തിക്കുന്ന ഇത്രയും ഭംഗിയായിട്ട് ചിന്തിക്കുന്ന മറ്റൊരു ലേഖനമില്ലല്ലോ ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കുക പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകോറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല തന്നെ സ്വന്തരക്തത്താൽ നമ്മൾ പറഞ്ഞു യേശു മഹാപുരോഹിതനാണ് സ്വർഗീയ വിളിക്ക് ആ മഹാപുരോഹിതനെ ശ്രദ്ധിച്ചു നോക്കുവിൽ എന്നാണ് അവിടെ നമ്മൾ മൂന്നിന്റെ മൂന്നിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചതല്ലേ അതുകൊണ്ട് വിശുദ്ധ സഹന്മാരെ സ്വർഗീയ വിളിക്കാരൻ സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവി യേശു ഒരേ സമയം എന്താണ് മഹാപുരോഹിതനാണ് മഹാപുരോഹിതൻ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നവനാണ് ആ രക്തവുമായി പോകുന്ന മഹാപുരോഹിതനായ യേശു എന്താ എന്തുകൊണ്ട് എന്ത് രക്തവുമായി ചെന്നുന്ന നമ്മളെ ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ വായിച്ചത് സ്വന്ത രക്തത്താൽ സ്വന്ത രക്തത്താൽ അവിടുന്ന് തെരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്നു അവിടെ ചെന്നത് ആട്ടുകോട്ടിൻ്റെയോ കാളക്കടാവിൻ്റെയോ രക്തം കൊണ്ടല്ല ഈ രക്തം ഈ രക്തം ഒരു തരത്തിലുള്ള മാലിന്യവും അതുകൊണ്ടാണ് ആ രക്തം കൊണ്ട് ഒരിക്കലായിട്ട് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് മനുഷ്യവർഗത്തിന് സാധിപ്പാനായിട്ട് കഴിഞ്ഞത് ഒൻപതുകൊണ്ട് പന്ത്രണ്ടിലേക്ക് മടങ്ങി വരുന്നു കണ്ടോ പശുവിടാങ്ങൾ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് ഒരിക്കലായിട്ട് ഒരിക്കൽ മതി കൂടെ കൂടെ യാഗം കഴിക്കേണ്ട കാര്യമില്ല കാര്യം ഇറ്റ് ഈ സുനീഷ് മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു അതേസമയം പത്തിൻ്റെ നാല് കണ്ടോ കാളകളുടെയും ആട്ടുകോറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ല എന്നാൽ യേശുവിൻ്റെ രക്തമോ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് താൻ അവിടെ അവിടെ സാധിച്ചു എന്നാണ് പറയുന്നത് പത്തിൻ്റെ പത്താമധ്യായം പത്താമധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യേശു ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക അതുകൊണ്ട് സൗഹന്മാരി യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൻ്റെ മേലൊരു മഹാവിരോഹിതനും എന്താ പറയുന്നത് യേശു തിരശീലയിൽ കൂടെ അപ്പുറത്തേക്ക് ചെന്ന് ജീവനുള്ള ഒരു പുതുവഴി ന്യൂ ആൻഡ് ലിവിംഗ് വേ നമുക്ക് വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഇത് നമുക്കിന്ന് കുറച്ചുകൂടെ നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത് യേശു തൻ്റെ രക്തവുമായിട്ട് തിരശ്ശേയിലേക്ക് അപ്പുറത്തേക്ക് പോയി യേശുവിൻ്റെ ഉടൽ പാളയത്തിന് പുറത്ത് അത് ഇല്ലാതെയായി അതവിടെ താനെ കൊല്ലപ്പെട്ടു കണ്ടോ പഴയ നിയമത്തിലെ ആ യാഗമൃഗത്തോടെ എത്ര ചേർന്ന് രക്തം കൃപാസനത്തിൽ ഉടൻ പാളയത്തിന് പുറത്ത് ചുട്ടുകളയുന്നത് ഇത് നടന്നു ഇത് നടന്ന് ഇതിനെ എന്തിനോട് ചേർത്ത് പറയുന്നു കർത്താവായി യേശു ക്രൂശുമരണത്തിലൂടെ സാധിച്ച ക്രൂശുമരണത്തിലൂടെ സാധിച്ച ഒരിക്കലായി സാധിച്ച രക്ഷണയപ്രവൃത്തിയോട് ചേർത്ത് നമ്മളിവിടെയെല്ലാം കണ്ടു എന്നാൽ ഈ പത്തിൻ്റെ പത്തിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പം അതിന് വേറൊരു ഡയമെൻഷൻ കുറച്ചുകൂടെ അപ്പുറത്തുള്ള ഒരു ഡയമെൻഷനോടാണ് ഇവിടെ പറയാൻ പോകുന്നത് ദയവായിട്ട് ശ്രദ്ധിക്കണേ നമുക്കിത് കൂടുതൽ പ്രസക്തമായിട്ടുള്ള കാര്യം ഇവിടെ എന്താ പറയുന്നത് യേശു തിരുശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുകൊണ്ട് പറയുമ്പം ഇവിടെ പത്തിൻ്റെ പത്തൊൻപതിൽ പറയുന്നത് എന്താ തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ ദേഹം അക്ഷരാർത്ഥത്തിൽ എന്തു ചെയ്യപ്പെട്ടു തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടു അത് ക്രൂശിക്കപ്പെട്ടു അതില്ലാതെയായി അങ്ങനെയാണല്ലോ നമുക്ക് പാപപരിഹാരം എന്നേക്കുമായിട്ട് കാൽവരക്രൂശിൽ സാധിച്ചത് അത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഈ വഴിയിലൂടെ നമുക്കിന്ന് പോകാമെന്നാണ് അതിൻ്റെ അതിൻ്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പം നമ്മളെ കാണുന്നത് നമ്മൾ വായിക്കുന്നു ദേഹം എന്ന തെരശീലയിൽ കൂടെ യേശു പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശ്വ ഒരു മഹാപുരത്തിൽ നിന്നും നാം ദുർന്നം മനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയത്ത് വി ശുദ്ധ വെള്ളത്തായ ശരീരം കഴിയപ്പെട്ടവരുമായി പൂർണ്ണ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് കൊണ്ടു കൊണ്ട് നാം എന്തു പരമാർത്ഥ ഹൃദയത്തോടെ നമുക്കും അടുത്ത് ചെല്ലാനായിട്ട് കഴിയാനായിട്ട് യേശു ഒരു വഴിയോട് ഉദ്ഘാടനം ചെയ്തു എന്നാണ് അവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ യേശു നമുക്ക് പുറകെ ചെല്ലാനായിട്ട് ഒരു വഴി ഉദ്ഘാടനം ചെയ്യും ആ വഴി ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാന്നാണ് ഇവിടെ പറഞ്ഞത് തൻ്റെ ദേഹം എന്ന തിരശീല ചീന്തി കർത്താവ് ഒരു വഴി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ആ വഴിയിലൂടെ ആര് പോണം നമ്മൾ പോണം ചേട്ടാ അത് കുഞ്ച പ്രശ്നമോ നമ്മൾ ഇനി എന്തോ വേണം ഈ വാക്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ എടുത്താൽ നമ്മൾ എന്തോ വേണം നമ്മൾ ഉടനെ നമ്മുടെ ദേഹം എന്ന തിരശീലെ നമ്മളും കർത്താവിനെ പോലെ കൂശി മരിക്കാനും ആണോ ഈ പറയുന്നത് എന്താ ഇതിന്റെ അർത്ഥം നമുക്കായിട്ടൊരു ന്യൂ ആൻഡ് ലിവിംഗ് വേ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാനമുണ്ട് കാൽവെർ ക്രൂശിൽ അക്ഷരാർത്ഥത്തിൽ യേശു തകരപ്പെട്ട് നമുക്ക് വേണ്ടി വ്യക്തവുമായിട്ട് പിതാവിൻ്റെ അടുത്ത് പോയി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു തൻ്റെ ഉടൽപ്പുറത്ത് വച്ച് ചുട്ടുകളഞ്ഞു ഇല്ലാതെയായി അത് ശരിയായിരിക്കുമ്പം തന്നെ രണ്ടായിരം വർഷം മുമ്പ് കാൽവെർ ക്രൂശിൽ ആ ഒരിക്കലായി താൻ സാധിച്ച ആ ഒരു വീണ്ടെടുപ്പ് നമ്മൾ കയ്യാളുമ്പോ തന്നെ നമുക്കിന്ന് എന്ത് ചെയ്യാം നമുക്കിന്ന് യേശു യേശു ഉദ്ഘാടനം ചെയ്ത ഈ ന്യൂ ആൻഡ് ലിവിംഗ് വേയിലൂടെ നമ്മളോടും പറഞ്ഞിരിക്കുന്നു നിങ്ങളും എന്തോ ചെയ്തോ പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെന്നുകൊണ്ടിരിക്കെ നിങ്ങളും ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവര് ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല വളരെ വേഗത്തിൽ അതിങ്ങനെ ഞങ്ങൾ പറയാം അതായത് യേശു മരിച്ചു കാൽവർക്കൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ ശരീരമാകുന്ന ഇവിടെ നമ്മൾ വായിക്കുന്നു ദേഹം ദേഹം അവിടെ എന്ത് ചെയ്യപ്പെട്ടു തകരപ്പെട്ടു ദേഹം അവിടെ തകരപ്പെട്ടു മരിച്ചു എങ്കിലും ആ മരണത്തിന് കാരണമായതെന്തായിരുന്നു ആ മരണം നടന്നതെങ്ങനെയാണ് നടന്നതെങ്ങനെയാണ് അല്ലെങ്കിൽ ആ മരണം നടക്കാൻ യേശുവിൻ്റെ ഭാഗത്തു യേശു എന്ത് ചെയ്തു യേശു തൻ്റെ ഭാഗത്തു ഒരു കാര്യം ചെയ്തത് ഗസവനത്തോട്ടത്തെ നമ്മൾ കാണും എന്താ പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ അത് കാൽവെക്രൂശിലെ മരണത്തോട് ബന്ധപ്പെട്ടായിരുന്നു അന്നേരം അവിടെ പറഞ്ഞത് എന്തായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വാഭാവിക ഇഷ്ടം എന്തല്ലായിരുന്നു ആ നിലയിലൊരു കാൽവെക്കൂശിലെ ഒരു മരണമായിരുന്നില്ല യേശുവിൻ്റെ സ്വന്തം ഇഷ്ടം അത് വേണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ ഗസവനത്തോട്ടത്തിൽ പിതാവിൻ്റെ ഹിതം അതാണെന്ന് അറിഞ്ഞുകൊണ്ട് താൻ എന്ത് ചെയ്തു താന് താന് തൻ്റെ ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ച് കർത്താവെ ആ ക്രൂശുമരണമാണോ എങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് യേശു ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് തൊട്ടു പിന്നാലെ എന്തു നടന്നത് ക്രൂശുമരണം യേശു അവിടെ വെച്ച് പറയുക പിതാവ് എനിക്കത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പിതാവിന് പുത്രൻ്റെ അപേക്ഷ കേൾക്കാതിരിക്കാൻ ഒക്കെ പോവും ക്രൂശി മരണം നടക്കുകയില്ലായിരുന്നു ഞാൻ പറയുന്നതിനോട് നിങ്ങൾ ചേർന്ന് വരുന്നുണ്ടോ എന്നാൽ അവിടെ യേശുവിന് മനസ്സിലായി പിതാവിൻ്റെ ഇഷ്ടം അതാണ് അതാണെന്ന് മനസ്സിലായത് കൊണ്ട് യേശു പറഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോട്ടെ എങ്കിലും എങ്കിലും നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു അപ്പം കാൽവറക്രൂശിലെ മരണം നടക്കാൻ യഥാർത്ഥത്തിൽ കാരണമായ യേശുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടെന്തായിരുന്നു നിലപാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ കാൽവരക്കൃശിയിലെ ആ മരണം നടന്നത് എന്നാൽ നമ്മൾ ഓർക്കണം യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം അവിടെ ഈ മനോഭാവം തന്നെയാണ് പുലർത്തിയത് ഈ മനോഭാവം തന്നെയാണ് പുലർത്തിയത് ഇങ്ങനെ വന്നിട്ട് താൻ തൻ്റെ െന്ന തിരശ്ശീല ചീന്തി ഇങ്ങനെ ഒരു വഴിയും കാണിച്ച് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഇത് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് തന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് മരണം നടന്നത് അതുപോലെ തന്നെ ഈ ഒരു വഴി നമുക്കായിട്ടും എന്നേക്കുമായിട്ട് കാണിച്ചു തന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ദേഹമെന്ന തിരശീല ദേഹമെന്ന് പറയുമ്പോൾ കേവലം ഫ്ലഷ് മാത്രമല്ല ആ ഫ്ലഷിനെ അതിനെ അതിനെ ചീന്തണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഇച്ഛയെ തൻ്റെ സ്വന്തം ഇച്ഛയെ പിതാവിൻ്റെ ഇച്ഛയ്ക്കായിട്ട് താൻ ഏൽപ്പിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു നമ്മളെ സംബന്ധിച്ചും നമുക്കിന്ന് യേശുവിനെ പിൻക പിൻതറ്റാൻ കഴിയുന്നത് നമ്മുടെ ദേഹത്തെ ഒരു ക്രൂശിമരണത്തിനായിട്ട് തകർത്തു കൊണ്ടല്ല മറിച്ച് എന്ത് ചെയ്യാം ക്രൂശിമരണത്തിന് പിന്നിലുള്ള ആ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ എന്താ നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്നുള്ള ആ വഴിയിലൂടെ നമ്മളും നടക്കുമ്പോൾ നമ്മളും യേശു ഉദ്ഘാടനം ചെയ്ത ഈ ന്യൂ ആൻഡ് ലിവിംഗ് വേയിലൂടെയാണ് നമ്മളും പോകുന്നത് അതിനുള്ള ഒരു സാധ്യതയിലൂടെയാണ് ഇത് എന്നാണ് എബ്രഹല പത്തിൻ്റെ പത്തൊൻപത് മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ പറഞ്ഞത് നമുക്ക് വേഗത്തിൽ പതിമൂന്നാം വാ അധ്യായ വാക്യ അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് വരാം നമ്മൾ പറഞ്ഞത് അവിടെ യേശുക്രിസ്തു സ്വന്തം ജനത്തെ അവിശ്ദ്ധീകരിക്കേണ്ടതിന് നഗരവാദിയിൽ പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു എന്ന് പറഞ്ഞപ്പം കാൽവരക്രൂശിലെ മരണമോടുണ്ട് അതുപോലെ തന്നെ നമുക്കതിലൂടെ രക്ഷ പ്രാപിക്കാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട് മാനവരാശിക്ക് മുഴുവൻ രക്ഷയുടെ വാതിലവിടെ തുറന്നു അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട് ഇന്ന് സഭയിൽ അംഗമായിരിക്കുന്ന അല്ലെ കർത്താവിനെ അനുഗമിക്കുന്ന നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് പറഞ്ഞ് യേശു കാണിച്ചു കൊടുത്ത ആ തിരശീലയ്ക്കപ്പുറത്തേക്ക് തൻ്റെ ദേഹം തൻ്റെ ഇച്ഛ തൻ്റെ ഇച്ഛ എന്ന തിരശീലയെ കീറി കീറി അപ്പുറത്തേക്ക് എന്ന് എൻ്റെ ഇഷ്ടത്തെ മാറ്റി വെച്ച് ദൈവ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ ഒരു വഴി തുറക്കുകയായിരുന്നു ഒരു ന്യൂ ആൻഡ് ലിവിങ് വേ ജീവനുള്ള പുതുവഴി തുറക്കുകയായിരുന്നു എന്ന് പറയുമ്പം അത് നമുക്കിന്ന് പ്രസക്തമാണ് നമുക്കെന്താ നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ കഴിവിൽ പ്രാപിച്ച് ദൈവമക്കളായവരാണ് എന്നാൽ നമ്മളിന്ന് ദിനംതോറും ജീവിക്കുമ്പം ദിനംതോറും ജീവിക്കുമ്പം നമുക്ക് നിരന്തരം എന്തു ചെയ്യാം ഈ ന്യൂ അൺലിവിങ് വേയിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് പിതാവിനെ പിതാവിനെ ആരാധിക്കാൻ കഴിയും ഇന്ന് ഇന്ന് ക്രിസ്ത്യൻ ലോകത്തെല്ലാം ആരാധന ആരാധന എന്നും പറഞ്ഞ് വലിയ പരിപാടികളാണല്ലോ നടക്കുന്നത് നമ്മൾ ആ പെന്തകോസിൽ നിന്ന് മുന്നോട്ട് നിന്നുള്ള ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എത്ര മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരാധന ആരാധന എന്ന് പറയുമ്പോൾ എന്താ ആരാധന എന്ന് പറയുമ്പോൾ ആരാധിച്ചു ആരാധിച്ചത് വിടുത് ആരാധിക്കൽ വിടുതൽ നമ്മളിവിടെ വന്നു കയ്യടിച്ച് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു ആ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധനയെന്നാണ് കരുതുന്നത് എന്നാൽ എന്താ സംഭവം അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മാറ്റി വെച്ച് നമ്മൾ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ന്യൂ ആൻഡ് ലിവിംഗ് വേയിലൂടെ കടന്ന് ന്യൂ ആൻഡ് ലിവിംഗ് വേ ആ ഉദ്ഘാടനം ചെയ്ത വഴിയിലൂടെ കടന്ന് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെന്ന് നമ്മൾ ദൈവമുഖം കാണുക നമ്മൾ ശ്രദ്ധിക്കണം മഹാപുരോഹിതൻ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഈ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയപ്പം പ്രാകാരത്തെ കാത്തു നിൽക്കുന്നവർ തമ്മിൽ എന്തിയ പറയുന്നത് കുറെ നേരം ആയല്ലോ പുള്ളിക്കാരനെ എങ്ങോട്ട് പോയിട്ട് എന്ത്യ കണ്ടില്ലല്ലോ അതെ പുള്ളി ദൈവത്തെ ആരാധിക്കാൻ ഇതിൻ്റെ അകത്ത് എവിടെ ആരാധന നടന്ന് പഴയനീമ ദേവാലയത്തിൽ എവിടെ ആരാധന നടന്നത് ആരാധന നടന്നത് ഈ മൃഗത്തെ അർത്തപ്പോഴാണോ അല്ലെങ്കിൽ അവിടെ കാലി കഴിയപ്പോഴാണോ ഈ കാഴ്ചയപ്പത്തിൻ്റെ മനുഷ്യർ അപ്പൊ ഒടുക്കിയപ്പോഴാണോ അല്ല മറിച്ച് ഇതുമായിട്ട് ദൈവസാന്നിധ്യമുള്ളത് ഈ തിരശ്ശീലയ്ക്കപ്പുറത്താണ് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ആ പുരോഹിതൻ രക്തവുമായിട്ട് ചെന്ന് അത് അവിടെ ചെന്നപ്പോഴാണ് അവിടെയാണ് ഈ കാര്യം ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് അത് ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായ കാര്യമായി തീരുന്ന യഥാർത്ഥ ആരാധന ഈ തിരശ്ശീലയ്ക്കപ്പുറത്താണ് നടന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് പേര് പ്രകാരത്തിൽ നിന്ന് പറയുക എന്ത് ചെയ്യ എന്തു അതെ പുള്ളി ആ വർഷിപ്പിനായിട്ട് അങ്ങോട്ട് പോയിരിക്കുക ശരിക്കുള്ള വർഷിപ്പ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഇന്നും പലരും ഈ കാര്യമറിയാതെ ഈ സ്തുതി സ്തോത്രം തീർച്ചയായിട്ടും സ്തുതി സ്തോത്രം വേണ്ടതാണ് നമ്മൾ എപ്പോഴും അതിനെയാണ് ഉത്സാഹിപ്പിക്കുന്നത് സ്തുതിക്ക് സ്തോത്രം ചെയ്യുക ദൈവത്തിന് നന്ദി പറ അതുണ്ട് പക്ഷേ കേവലം നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ ആരാധന പൂർത്തിയായി എന്ന് ചിന്തിക്കല്ലേ മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില രംഗങ്ങളിലാണ് ദൈവത്തിൻ്റെ ആരെ ദൈവത്തിൻ്റെ മുമ്പാകെ ഈ പുരോഹിതനെ പോലെ നമ്മൾ നമ്മുടെ യേശു ചെന്നതുപോലെ സ്വന്തം രക്തവുമായിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണേ അതായത് നമ്മളീ തിരശ്ശീല ചീന്തി അപ്പുറം കിടക്കുക എന്ന് പറഞ്ഞപ്പോഴെന്താണ് അവിടെ സംഭവിച്ചത് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ദൈവേഷ്ടത്തിന് വേണ്ടി കർത്താവെ എൻ്റെ ഇഷ്ടമല്ല നിത്യ ഇഷ്ടമെന്ന് പറഞ്ഞ് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മൾ എന്തോ അറിയുന്നുണ്ട് നമ്മളൊരു വേദന അറിയുന്നുണ്ട് വേദന അറിയുന്നു എന്തുവാ വേദന സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണ് നമ്മുടെ സുഖം നമ്മുടെ സുഖം എന്നാൽ സ്വന്തം ഇഷ്ടം ചെയ്യേണ്ട ഞാൻ നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ ഒരു സഹോദരൻ എന്നെ എന്തെങ്കിലും പറഞ്ഞു ഉടനെ എൻ്റെ സ്വാഭാവിക ഇഷ്ടം എന്താ എൻ്റെ സ്വാഭാവിക ഇഷ്ടം എനിക്ക് നൂറ്റൊന്നും ആ സഹോദരനെ നൂറ്റൊന്ന് കാര്യങ്ങൾ പറയാനുള്ള വകുപ്പല്ല എന്റെ കയ്യിലുണ്ട് ഈ സഹോദരൻ വന്ന കാലം മുതലുള്ള ചരിത്രം ഒക്കെ എന്റെ ഓർമ്മയിലും ഉണ്ട് ഉടനെ ആ ബ്രതറെ ബ്രതർ അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഞാന് ഇദ്ദേഹത്തെ അടിച്ചിരുത്തി ഏഹ് കാര്യമങ്ങ് പറഞ്ഞു കഴിയുമ്പോ എന്തോണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖമുണ്ട് ആ എൻ്റെ അടുത്ത് ആ വേല എന്റെ അടുത്ത് വേലക്ക് വന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഒരു അക്ഷിടം പിണ്ടിയില്ല ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നേ കേട്ടിട്ടില്ല ആ പറയുന്ന ആളിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അയാൾ പത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തുകൊണ്ട് ഒരു സുഖമുണ്ട് വേണ്ട നിങ്ങൾ അമ്മാവിമ്മയും വരുമോളും അമ്മാവിയമ്മയോട് പത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആഹാ ഒരു സുഖമില്ലേ സ്വന്തം ഇഷ്ടം അവിടെ നടന്നു നിങ്ങൾക്കറിയാം അമ്മാവി അമ്മയുടെ മുമ്പിൽ അവിടെ എന്താണ് വേണ്ടത് അങ്ങനെ ക്ഷോഭിച്ച് പ്രായമുള്ള അമ്മയോടെ തട്ടിക്കയറാതെ അവിടെ സ്വന്തം ഇഷ്ടത്തെ എന്ത് വെക്കണം യാഗവീഠത്തിൽ വെക്കണമെന്നറിയാം പക്ഷേ യാഗവീഠത്തിൽ ഒന്ന് വെച്ച് നോക്ക് ഉള്ളിലൊരു ുള്ളിൽ ഒരു തിക്ക് മുട്ടലറിയപ്പെടുന്നില്ലേ ഇല്ലേ ഇതൊക്കെ നമ്മൾ ഈ യാഗം എന്നൊക്കെ പറഞ്ഞ് യഹൂദൻ്റെ ഇതെല്ലാം എന്തിനാണ് പഠിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവര് ഇതെല്ലാം പഠിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതിനെ വളരെ ഡൗൺ ടു വേർത്തായ കാര്യങ്ങളിലേക്ക് ചേർത്ത് പറയുന്നത് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ സഹോദരന്റെ മുമ്പാകെ സഹോദരൻ എന്നെ നൂറ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനൊരു പൊട്ടനെ പോലെ ഒന്നും അറിയാത്തവനെ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ എന്തറിയുന്നുണ്ട് ഉള്ളിൽ ഇതിന് മറുപടി ഉണ്ട് ഇതെനിക്ക് ഭംഗിയായിട്ട് പറഞ്ഞ് എനിക്കെൻ്റെ വേദന മാറ്റി ആ ആ നിലയിൽ ഇദ്ദേഹത്തോട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ എന്നിലുണ്ട് പക്ഷേ ആ സാധ്യത എന്തല്ലെന്ന് എനിക്കറിയാം ദൈവേഷ്ടമല്ലെന്നറിയാം ദൈവേഷ്ടത്തിനായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഞാൻ അവിടെ ഒരു മഠനെ പോലെ മിണ്ടാതെ മിണ്ടാതിരിക്കുന്നു മുമ്പേ പറഞ്ഞ മരുമകൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു ഒരു മഠയെ പോലെ മിണ്ടാതെ ഇരിക്കുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തറിയുന്നുണ്ട് ഒരു വേദന അറിയുന്നുണ്ട് ആ വേദന ദേഹമെന്ന തിരശീല ചീന്തുമ്പോൾ ഒരു വേദനയില്ലേ ആ വേദന തന്നെയാണ് സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കുന്നതാണ് അങ്ങനെ നമ്മൾ ദൈവേഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തെ ബലി കഴിക്കുമ്പോൾ അറിയപ്പെടുന്ന ആ വേദനകളാണ് ശരിക്കുള്ള ആരാധന അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഞായറാഴ്ചയല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആരാധന നടക്കുന്നത് മറിച്ച് തിങ്കൾ മുതൽ ശനി വരെയുള്ള സന്ദർഭങ്ങളല്ല പല പ്രായോഗിക രംഗത്ത് ദൈവ ഇഷ്ടത്തെ പ്രതി സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു യേശു നമുക്കായി തുറന്നു വന്ന ഈ ന്യൂ ആൻഡ് ലിവിങ് വേയിലൂടെ കടന്ന് തിരശീലയ്ക്കപ്പുറത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മളും ഒരു പുരോഹിതനെ പോലെ സ്വന്തം ചെന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുക ചെയ്യുന്നു അവിടെയാണ് എന്തുള്ളത് ദൈവത്തിന്റെ പ്രസാദമുള്ളത് ദൈവത്തിന്റെ പ്രസാദം ഈ ഒരു വലിയ സത്യത്തിലേക്കാണ് കണ്ടോ ഇവിടെ നമ്മൾ എബ്രാഹിലായാലും പത്താമധ്യായും പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിലേക്കൂടെ വിരലി ചൂണ്ടുന്നു എന്നുള്ള കാര്യമാണ് എന്നാണ് അവിടെ അവിടെ നമ്മളെ കാണുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പതിമൂന്നാമത്തെ വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വളരെ വേഗത്തിലെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും നമുക്ക് സമയമെടുക്കാം ആകയാൽ നാം അവൻ്റെ മുന്നേ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൾ ചെല്ലുക ഇത് കർത്താവായി യേശു ക്രിസ്തു പാളയത്തിന് പുറത്ത് കർത്താവ് എന്ത് ചെയ്തു നിന്നെ അനുഭവിച്ചു നിന്നെ അനുഭവിച്ചു ഇന്ന് നമ്മളോട് ഈ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ യഹൂദൻ്റെ യാഗം കർത്താവിൻ്റെ യാഗം ഇതിനെ തമ്മി ചേർത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞേച്ച് പതിമൂന്നിൽ പിന്നെയും ഒരു ഘടകപഥം കൊണ്ട് നമ്മളോട് എബ്രാഹി ലേഖനകാരൻ ചിലത് പറയും ആകയാൽ ആകയാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആകയാൽ ആകെയാൽ നാം എന്താ വേണം നാം അവൻ്റെ പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ഇന്ന് നമുക്കൊരു ദൗത്യമുണ്ട് നമ്മളെന്ത് വേണം നമ്മുടെ സ്ഥാനം എവിടെ ആയിരിക്കണം പാളയത്തിന് പുറത്ത് പാളയത്തിന് പുറത്ത് എന്തായി ഈ പാളയം നമ്മൾ ഈ കാര്യം കാണണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും അധ്യായങ്ങൾ നോക്കിയാലേ കഴിയുള്ളൂ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഭാഗം പാളയത്തിന് പുറത്ത് പാളയത്തിന് പുറത്ത് എന്നുള്ള ആ പ്രയോഗം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം അധ്യായം ഈ രണ്ട് അധ്യായങ്ങൾ നമുക്കിപ്പോൾ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല വായിക്കാൻ സമയമില്ല എന്നാൽ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുരുക്കം ഇങ്ങനെ പറയാം മോശ മോശ സീനായ് പർവ്വതത്തിൽ പോയി സീനായ് പർവ്വതത്തി മോശ പോയി യോശുവായും കൂടെ പോയി യോശുവായ അടുത്തങ്ങാണ്ട് അങ്ങ് വരച്ചെന്നില്ല വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇങ്ങനെയെല്ലാം നടക്കുന്നു ഇങ്ങനെയെല്ലാം നടക്കുമ്പോൾ ഇവിടെ പാളയത്തിൽ ആരുണ്ട് പാളയത്തിൽ േൽ ജനമെല്ലമുണ്ട് ഇസ്രായേൽ ജനമെല്ലമുണ്ട് പിന്നെ ആരുണ്ട് പിന്നെ അവിടുത്തെ അഹരോനുണ്ട് മോശയുടെ ചേട്ടന് അഹരോനുണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പം ഈ ഇസ്രായേൽ മക്കൾ അസ്വസ്ഥരാകാൻ തുടങ്ങി ഇവിടെ നമ്മുടെ മോശ പുള്ളിക്കാരൻ കുറെ നാളായല്ലോ ഈ മലയുടെ മണ്ടയ്ക്കോട്ട് പോയിട്ട് അവിടെ ആണെങ്കിൽ ഇടിപെട്ട് മേഘതമസ് അന്ധകാരം ഇതെല്ലാം ആ കാണുന്നത് ഇനി അതിൻ്റെ ഇടയിലെങ്ങാനും പെട്ട് പുള്ളി ഇടിവെട്ട് വല്ലോം പോയോ സംഗതി തീർന്നോ നമ്മളിവിടെ താഴെ ഇങ്ങനെ ചുമ്മാ നടക്കുക പുള്ളിക്കാരൻ വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഉണ്ടായിരുന്നു എന്താ പുള്ളിക്ക് എല്ലാം വ്യക്തതയാണ് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം പുറപ്പെടാം എല്ലാം ഉണ്ട് ഇനിയിപ്പം നമ്മൾ എന്തോ ചെയ്യും ദൈവമാണെങ്കിൽ പുള്ളിയുടെ പോക്കറ്റിലിരിക്കുന്ന ഒരാളെ പോലെ മോശ പറയുന്ന നമുക്കാണെങ്കിൽ ഇപ്പം ദൈവത്തെക്കുറിച്ചൊന്നും അറിഞ്ഞും കൂടാ അപ്പോൾ നമുക്കെന്തോ വേണം നമുക്കൊരു ദൈവം വേണം ഇതാണ് അവരുടെ ആഗ്രഹം ഉടനെ അതെല്ലാം ആരോട് ചെന്ന് പറയും ഉടനെ അഹരോൻ അവിടുണ്ട് അഹരോവനോട് പറഞ്ഞു അഹരോൻ പറഞ്ഞു അഹരോനാണ് നല്ലൊരു എന്താ ഇന്നത്തെ ഡെമോക്രാറ്റിക് കാലഘട്ടത്തിന് നേതാവ് ജനം എന്തോ പറയുന്നോ അതിൻ്റെ കൂടെ നിൽക്കുക ജനം വന്ന് പറയും ആ ഉടനെ അങ്ങനെയാ ഇന്നത്തെ ജനാധിപത്യ കാലത്തെ നേതാക്കന്മാർ ആഹരവൻ എന്ത് ചെയ്തു ആരും പറഞ്ഞു എല്ലാവരും നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കുളുക്കെല്ലാം ഇങ്ങ് പറിക്കാൻ ഏ കുളുക്കെല്ലാം പറിച്ചു കുളുക്കെല്ലാം പറിച്ചു പുള്ളിക്കാരനെ അതിനെ തീയിലോട്ടിട്ടു പുള്ളി അങ്ങനെയാണ് പിന്നെ മോശം വന്ന് ചോദിക്കുന്നു നീ എന്തിനാ ഈ ജനത്തെ കെട്ടഴിച്ച പോലെ വിട്ടതെന്ന് പറയുമ്പോൾ ആഹരവും പറയുന്നത് നല്ലൊരു മറുപടിയാണ് അതെന്തോ ചെയ്യാൻ പൊന്നുടേയതേ അവരെല്ലാം കൂടി ഈ ആവർണമെല്ലാം കൂടെ കൊണ്ടുവന്നു ഞാനത് തീയിലോട്ടിട്ടു ഉടനെ അതിൽ നിന്ന് പുറത്തു നിന്നു എന്നാൽ ഇദ്ദേഹം അതിനൊരു ഭാഷ വരുത്തി കൊത്തുപണിയാക്കി ചെയ്തതാണൊന്നുമല്ല അവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളാ മുപ്പ് പോയി ആ ഭാഗം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ നോക്കി മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാല് നോക്കുക അവർ അതെൻ്റെ പക്കൽ തന്നു ഞാനവരോട് പൊന്നുള്ളവർ അത് പഠിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ പൊന്നുകൊണ്ടു എന്ന് തന്നു ഞാനത് തീരി ഇട്ടു ഈ കാളക്കുട്ടി പുറത്തു പോന്നു ഞാൻ വല്ല പറഞ്ഞു രാമനാരായണ എന്നല്ലേ കണ്ടോ ഇതാണ് അഹരോൻ്റെ അഹരോൻ്റെ രീതി പോട്ടെ അതല്ലേ നമ്മൾ പറയാൻ വന്നു െ അവരെ ചെയ്തു മോശയുടെ അസാന്നിധ്യത്തിൽ ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി അഹരവൻ അതിനെ കൂട്ടം നിന്നു ഇങ്ങനെയെല്ലാം ഇതെല്ലാം ഈ പരിപാടികളെല്ലാം നടക്കുക നടക്കുന്നുണ്ട് ദൈവം പറഞ്ഞു സംഗതി വശക വേഗം ഇറങ്ങിപ്പോക്കോ അവരെ എല്ലാം ഞാനിപ്പം അവര് നമ്മളെ ഒന്നാമത്തെ കല്പന അവിടെ എന്താ ചെയ്യുക കർത്താവ് കർത്താവ് സ്വന്തം വരലുകൊണ്ട് കല്പന പത്തെണ്ണ എഴുതി അതിനെ ഒന്നാമത്തെ കല്പന എന്താ ഞാനെല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് ഈ ദൈവം ഇവിടെ ഒന്നാമത്തെ കൽപ്പന എഴുതിയപ്പോൾ ഇവിടെ കുഞ്ഞപ്പൻ എന്ത് ചെയ്തു ഉടനെ തന്നെ പിശാജ് എന്ത് ചെയ്തു ഒന്നാമത്തെ കല്പന തന്നെ ലംഘിക്കുക ലംഘിപ്പിക്കുക ഇവിടെ കണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കല്പന തന്നെ ആ നീ പത്ത് കല്പന ഇവിടെ കൊടുക്കുന്നു പത്ത് കൽപ്പന ഇവർക്ക് വേണ്ടിയാണല്ലോ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അതേ ഒന്നാമത്തെ കൽപ്പന തന്നെ ഞാൻ ലംഘിപ്പിച്ച് തരാം അതും അവരുടെ നേതാവായ അഹരോനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് കാണിക്കുകയാണ് പിശാജെ അവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്തോ ചെയ്യുന്നു നിങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം എടുത്ത് വായിച്ച് നോക്ക് അവിടെ ദൈവം ഈ കാര്യം കണ്ടിട്ട് അഹരോനോട് പറയുന്നു ഞാനിവരെല്ലാം ഇപ്പൊ തന്നെ നശിപ്പിച്ചു കളി എന്നിട്ടെന്തോ ചെയ്യും നിന്നെ നീ ആ തമ്മി ഭേദം നിന്നെ നിന്റെ സന്തതിയെ ഞാൻ എന്തോ ആക്കാം ഞാൻ എൻ്റെ ജനമാക്കി തീർക്കാം എന്ന് പറയും കണ്ടു മോശ ഈ ലോകത്തുള്ളതിൽ അതി സൗമ്യനായിരുന്നു എന്ന് പറയുന്നതിന് വല്ല തെറ്റുമുണ്ടോ നമ്മളായിരുന്നു മോശയുടെ സ്ഥാനത്ത് നമ്മളോട് പറയുകയായിരുന്നു ഇവരെയൊക്കെ ഇപ്പം തട്ടിക്കളയാം നിന്നേ നിൻ്റെ പിള്ളേരെയും എൻ്റെ ജനമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒടുവിൽ കർത്താവ് സത്യം കണ്ടെത്തി എന്നൊക്കെ നമ്മളിങ്ങനെ വളരെ മോശ എന്താ പറഞ്ഞത് നിങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യയം എടുത്ത് വായിച്ചു മോശ അവിടെ വീണു മോശ പറഞ്ഞു ദയവേ നീ എന്തോ ഈ പറയുന്നത് നീ മിശ്രീമിയരുടെ മുമ്പാകെ ഇവരെ കനൻ നാട്ടിൽ പാലും തേനും ഒഴുകുന്നിടത്ത് കൊണ്ടെത്തിക്കാവുമെന്നും പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നിട്ട് വഴി വെച്ച് ഇവരെ അത് നിൻ്റെ നാമത്തിനുണ്ടാക്കുന്ന അപമാനം എത്ര വലുതാണ് ഞാൻ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യമല്ല നോക്കുന്നത് നിൻ്റെ നാമത്തിൻ്റെ മഹത്വം കണ്ടോ ഇതാണ് ഒരു ശരിക്കുള്ള ഒരു സ്പിരിച്വൽ ലീഡറിൻ്റെ ലക്ഷണം നമ്മൾ അതിനൊക്കെ എത്ര എത്ര ആയിരം കാതം അകലെയാണ് ആയിരം പതിനായിരം കാതം കണ്ടോ മോശ അതങ്ങനെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നു ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിന്നു ഇടിവിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു ഉടനെ തന്നെ പറഞ്ഞു എന്നാൽ വേഗം ചെല്ലേ വേഗം ചെന്നവരെ ശരിയാ ഉടനെ മോശം ഇതുമായിട്ട് വരിക വന്ന ഉടനെ എന്ത് ചെയ്തു നമുക്കറിയാം ബാക്കി കാര്യം മോശയാ കൽപ്പലക കല്പനകൾ അത് ദേഷ്യം വന്ന് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു ഈ കാളക്കുട്ടിയെ പിടിച്ച് അതിനെ ചുട്ട് പൊടിച്ച് തവിട് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഇവരെ തന്നെ കുടിപ്പിച്ചു ആഹരവനോട് ഈ കാര്യം അഡ്രസ്സ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് താൻ ചെയ്യുന്നു അവിടെ മോശ ഇതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇതെല്ലാം കഴിഞ്ഞിട്ട് മോശ പറഞ്ഞു മോശ പാളയത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് യഹോയുടെ പക്ഷത്തുള്ളവരെ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എൻ എ നേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി അപ്പൊ മോശയുടെ സ്ഥാനം ഇവിടെ എവിടെയാ പാളയത്തിലാണ് പാളയം ആ ക്യാമ്പിലാണ് എന്തു നടന്നത് അന്യാരാധനയും ദൈവത്തിനെതിരായ കാര്യങ്ങളും നടന്നത് ആ നടന്നപ്പോ ദൈവപുരുഷനായ മോശം വന്നപ്പോൾ മോശയുടെ സ്ഥാനം എവിടാ മോശ പാളയത്തിന്റെ വാതിക്കം നിന്നോണ്ട് പറയുക വാതുക്കം നിന്നോണ്ട് പറയ യഹോഡ പക്ഷത്തുള്ളവനെ എൻ്റെ അടുക്കൽ വരട്ടെ ഉടനെ ഈ പാളയത്തിൽ നിന്ന് ആര് പുറത്തു വന്നു ലേവിയര് പുറത്തു വന്നു അങ്ങനെയാണ് ലേവിയർ ലേവിയനെ സംബന്ധിച്ചിടത്തോളം അവർ പൗരോഹിത്യ കുടുംബമായി തീരുന്നതും ഗോത്രമായി തീരുന്നതും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തൻ താണ്ടാൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടെ വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താണ്ടാൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും കൊന്നുകള അപ്പം പാളയത്തിലൊരു പാളയത്തിൽ ഒരു ആ നിലയിലൊരു സംഹാരം നടക്കുക മോശ എവിടെ മോശ പാളയത്തിൻ്റെ പുറത്താണ് അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം മുപ്പത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം മോശ കൂടാരമെടുത്ത് കൂടാരമെന്ന് പറയുന്നത് ഏതാ ആ സമാഗമന കൂടാരമാണ് ആ അതാണ് അതെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു അതിന് സമാഗമന കൂടാരെ ഒന്ന് പേര് വിട്ടു കണ്ടോ ഇത് ഇത് നമുക്ക് ഒത്തിരി നേരം വിശദീകരിക്കാൻ സമയമില്ല പക്ഷെ എന്താണ് ഇവിടെ നടന്നത് പാളയം ദൈവജനം പാർക്കണ്ട പാളയം യഥാർത്ഥത്തിലുള്ള ദൈവാരാധന നടക്കേണ്ട പാളയം ആ പാളയത്തിൽ എന്ത് നടന്നു ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യം നടന്നപ്പോൾ ദൈവ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ് സമാഗമന കൂടാരൻ ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ പാളയത്തിന് പുറത്താ പാളയത്തിന് പുറത്താ മോശയും പാളയത്തിന് പുറത്താ ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇബ്രാഹിലും പതിനൊന്ന് പതി പതിമൂന്നിൻ്റെ പതിമൂന്നിലേക്ക് വരാൻ ആകെയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക കണ്ടോ പലപ്പോഴും പലപ്പോഴും ക്രിസ്തീയതയുടെ പേരിലും ക്രിസ്തീയതയുടെ പേരിലും പലപ്പോഴും ആ ക്രിസ്തീയതയുടെ ഒരു പാളയത്തിനുള്ളിൽ ദൈവസാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ ഈ ക്രിസ്തീയതയുടെ പേരിലുള്ള ആ പാളയത്തിൽ ഒരു സമയത്തുണ്ടായിരുന്നു കൂടാരവിടെ ആയിരുന്നു ദൈവപുരുഷനായ മോശ അവിടെ ആയിരുന്നു ഇസ്രായേൽ മക്കളെല്ലാം അവിടെ ആയിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ കാര്യങ്ങൾ മാറി ഇവരെ കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി അതിൻ്റെ മുൻപാകെ നൃത്തവും പാട്ടും ഡാൻസും എല്ലാമായിട്ട് പാളയത്തിൽ വലിയ ഉത്സവം മോശം അഹരവൻ അതിനെ എന്താണ് പറഞ്ഞത് മുപ്പത്തി ആ വാ അധ്യായം നമ്മൾ വായിച്ച് നോക്കുമ്പോഴും അറിയാം ഈ കാളക്കുട്ടി പുറത്ത് വന്നപ്പം അഹരവൻ എന്താണ് പറഞ്ഞത് ഇസ്രായേലെ നിന്നെ മിസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന എഹോവ കാളക്കുട്ടിയോട് അങ്ങനൊരു അങ്ങനെ പ്രസ്താവിച്ച് അതിൻ്റെ മുമ്പാകെ യാഗം കഴിക്കാൻ തുടങ്ങുക കണ്ടോ ഈ യാഗം കഴിക്കലും ിസ്രൈമിൽ നിന്ന് പുറത്തുകൊണ്ടു വരിക്കലുമൊക്കെ അതിൻ്റെ ആത്മീയതയോട് ചേർന്നുള്ള പാകം ആ ആത്മീയതയോട് ചേർന്നുള്ള പാകം അവരുടെ സ്വന്തം ഇഷ്ടത്തിനായിട്ടും അവരുടെ വിഗ്രഹാരാധനാ പരിചയം മിസ്രൈമിൽ വെച്ചൊക്കെ അവർക്കുണ്ടായിരുന്ന അതുകൊണ്ടാണ് അവർ കാളക്കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് വേറൊരു രൂപം ഉണ്ടാക്കാൻ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് കാര്യം മിസ്രൈമിലെ പ്രധാന ദൈവം ആരാ കാളയ കാളയ കാളയ അവരത് കണ്ടിട്ടുണ്ട് അഹരവിനും അപ്പൊ ഒരു ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കാൻ നോക്കിയപ്പം പെട്ടെന്ന് പുള്ളി അത് ഓർത്തു ഉടനെ കാളക്കുട്ടി കാളക്കുട്ടി കണ്ടോ ഈ ആത്മീയതയും പഴയ പരിചയങ്ങളും രണ്ടും കൂടെ ചേർത്ത് ആത്മീയതയുടെ ഒരു പരിവേഷമുണ്ട് യാഗം ദൈവത്തിന് യാഗം യഹോവ നിന്നേയും ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ എന്നുള്ള പേര് ഈ അതിൻ്റെ പേരും അതിൻ്റെ ആത്മീയതയുടെ പരിവേഷവും ഉള്ളിലെന്തുവാ മിസ്രൈലിലെ കാളക്കുട്ടി ഇങ്ങനൊരു കാര്യമുണ്ടായാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പിന്നെ അവിടെ ഉണ്ടോ ഇല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ പോയി പാളയത്തിന് പുറത്ത് പോയി പാളയത്തിന് പുറത്ത് പോയി പാളയത്തിന് പുറത്ത് പോയി ദൈവപുരുഷനും പാളയത്തിന് പുറത്താണ് എന്നിട്ട് ഈ പാളയത്തിൽ സംഹാരം നടക്കുക കണ്ടോ ലേവിരുവാളക്കി കെട്ടിക്കൊണ്ട് ഇവരെ കൊല്ലുന്നു നമുക്ക് ആ ചരിത്രം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മളോട് ഇബ്രാഹി ലേഖനം പതിമൂന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നു നമ്മൾ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു പോകുക സത്യത്തിൽ ഈ ക്രിസ്തീയ പാളയത്തിന് ഉള്ളിലേക്ക് പോകാനല്ലേ പറയേണ്ടത് പക്ഷേ എന്താ എന്തുപറ്റി ഇവിടെ ഇന്ന് മറ്റ് പലതു നടക്കുന്നതെന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവസാന്നിധ്യം അറിയാൻ ആഗ്രഹിക്കുന്നവൻ അവൻ പാളയത്തിന് പുറത്തു പോകണം പുറത്തു പോകണം നമ്മൾ പലരും എപ്പിസ്കോപ്പൽ സഭകൾ വിട്ടു വന്നത് എന്തുകൊണ്ടാണ് എപ്പിസ്കോപ്പൽ സഭകൾ പൗരോഹിത്യ സഭകൾ വിട്ടു വന്നത് എന്തുകൊണ്ടാണ് അവിടെ കർത്താവിനെക്കുറിച്ചുള്ള പാട്ടൊക്കെയല്ലേ അവരുടെ ചില പാട്ടുകളൊക്കെ വളരെ മനോഹരമായ പാട്ടാണ് നമ്മുടെ ഈയിടെ ഒരാൾ വന്ന് നമ്മുടെ കുര്യമ്പ്രഹനൊരു പാട്ട് പറഞ്ഞത് അതിൻ്റെ അകത്ത് നല്ല വരികളാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സജീവർ അതിനൊരു ട്യൂണ് കിട്ടും ഇന്ന് സമയമില്ലല്ലോ അല്ലെങ്കിൽ നമുക്കൊന്ന് പാടിക്കേക്കായിരുന്നു ഏഹ് ഒരു ട്യൂണ് കിട്ടും അതിൻ്റെ നല്ല വരികളൊക്കെ ഒരു കുഴപ്പമില്ല അതിൻ്റെ എന്തുണ്ട് നല്ല പാട്ടൊക്കെ ഉണ്ട് നല്ല വരികളുമൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ അവസാനം അത് ആത്യന്തിക ആത്മീയതയുടെ ഒരു പരിവേഷമുണ്ട് ആ പരിവേഷം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഉള്ളിലൊരു കാളക്കുട്ടിയുണ്ട് അവിടെ ഒരു ബിസിനസ് ഉണ്ട് അവിടെ അവരുടേതായ ചില അജണ്ടകളുണ്ട് അതിനിതും കൂടെ ചേർത്ത് വന്നപ്പോ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരെ വേണം ആ പാളയം വിട്ട് പുറത്തു വരണം അങ്ങനെയാണ് നമ്മളിൽ പലരും പുറത്ത് വന്നത് പുറത്തു വന്നത് ഇന്ന് പക്ഷേ സുവിശേഷ സഭകൾ എന്ന് പലതിൻ്റെ അകത്തും ഈ നിലയിലുള്ള താല്പര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളതും വിട്ട് അവൻ്റെ ഭിന്ന ചന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് വരും പാളയത്തിന് പുറത്ത് വരും അങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് പക്ഷേ പ്രിയപ്പെട്ടവർ നമ്മളിതെല്ലാം പറഞ്ഞ് നമ്മളൊരു ഒരു വാണി കൂടെ നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ഇന്നിത് പാളയത്തിന് പുറത്ത് ശരി ഞങ്ങൾ ആ അങ്ങനെയൊക്കെയുള്ള സോക്കോൾഡ് സുവിശേഷ വിധകളും സഭകളും വിട്ട് ഞങ്ങളിത് ആ പാളയത്തിന് പുറത്ത് എല്ലാവരും നിന്ദിക്കപ്പെട്ട് ദൂരപദേശക്കാരെന്നൊക്കെ മുദ്രയും കുത്തിയപ്പെട്ട് കർത്താവിൻ്റെ നിന്നയും ചുമന്നുകൊണ്ട് ഒരു പാളയത്തിന് പുറത്ത് യഥാർത്ഥത്തെ ദൈവത്തെ ആരാധിക്കുക ഇതാ ഞങ്ങൾ സി കൂടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പേടിച്ചോണം ഇത് നാളെ വേറൊരു പാളയമായി തീരാ നമ്മൾ ജാഗ്രതയുള്ളവരല്ലേ അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം നിരന്തരം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ഒരാൾക്കൊരു ഒരു ഒരു സ്വസ്ഥതയില്ലാതെ കൊണ്ട് നമ്മൾ എന്തിനാണ് ഈ നിരന്തരം ഈ ക്രൂശിൻ്റെ വചനം തന്നെ തന്നെ വിധിക്കുക ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒരു തീ കത്തുന്നുണ്ട് ഈ തീ കത്തിക്കൊണ്ടിരുന്ന അവിടെ എന്ത് എന്ത് വരികയില്ല ആ തീയിൽ പാപം കടന്നു വരാനൊക്കെയില്ല അതുകൊണ്ട് ഈ ദൈവികമായ അഗ്നി എന്നിവിടെ കെടുന്നോ അന്ന് എന്ത് വരും അന്ന് അജ്ഞ അന്യ അഗ്നി കത്തിക്കപ്പെടുകയും ദൈവസാന്നിധ്യത്തെ ഈ പാളയത്തിനും പുറത്തു പോവുകയും ചെയ്യും അന്ന് അന്ന് ഈ പാളയത്തിന് പുറത്തേക്ക് ദൈവസാന്നിധ്യം പോയാൽ ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ആളെന്ത് ചെയ്യും ഈ പാളയം വിട്ട അവിടെ പാളയത്തിന് പുറത്ത് പോകും അപ്പോൾ പാളയം പാളയം എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മളൊരു സ്യൂഡോ സെക്യൂരിറ്റിയിലിരിക്കരുത് നമ്മൾ നിരന്തരം ഒരു ജാഗ്രതയിലാകണം ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് ഞാൻ പറയുന്ന അർത്ഥത്തിൽ എടുക്കാവേ എന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും സംഭവിച്ചത് നമുക്കൊന്നും സംഭവിക്കുകയില്ല നമ്മൾ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറഞ്ഞ് നമ്മളിരിക്കരുന്ന് നമ്മൾ നിരന്തരം മറ്റ് പലർക്കും സംഭവിച്ചത് നമുക്ക് സംഭവിക്കാം നമ്മളും ജാഗ്രതയുള്ളവരായിട്ടിരിക്കാം ദൈവത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാപറ്റ്യം വന്നാൽ നാളെ നമ്മളും തള്ളപ്പെടാം തള്ളപ്പെട്ടു എന്നറിയാതെ നമ്മൾ പിന്നെ എന്തുവാ പിന്നെയും പാട്ടും പരിപാടികളും ഒക്കെയായിട്ട് ഒരു പാളയമായിട്ട് ഇങ്ങനെ നിൽക്കും ദൈവ മാത്രം പാളയത്തിന് പുറത്താകും അന്ന് യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ആ പാളയത്തിന് പുറത്തേക്ക് പോയെന്നിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വന്നത് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളാണ് പൗരത്യ സഭകൾ വിട്ടവരുണ്ട് തീർച്ചയായിട്ടും ആ പാളയത്തിൽ തന്നെ നിന്ന് ആരാധിക്കാറുന്നല്ലോ ഈ ഇന്ന് പലയിടത്തും അങ്ങനെയല്ലേ അവിടെ തന്നെ നിന്നില്ല അവിടെയോ അത്യാവശ്യം ഈ ഇതൊന്ന് കാണണ്ടാന്ന് തന്നെ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ അവിടെ എന്തുണ്ട് അവിടെയും ഇപ്പോൾ നല്ല പാട്ടുകളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് വചനമുണ്ട് ഇത് വിടട്ട വിടാതെ അവിടെ തന്നെ നിൽ പക്ഷേ ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടിയ ആളെന്തു ചെയ്യും പാളയത്തിന് പുറത്ത് പോകും പുറത്തു പോകും ഇന്ന് ഇന്ന് സുവിശേഷ സഭകളിൽ പലയിടത്തും കാണുന്നുണ്ട് എന്നെ ഞാൻ ഈ ഇൻ്റർനെറ്റ് ഈ സാധനങ്ങൾ അധികം കാണാറുള്ളതല്ല എന്നാൽ ചില സഹോദരന്മാർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചില ക്ലിപ്പിങ്ങൊക്കെ എനിക്ക് അയച്ചു തരും അപ്പോൾ ഞാനത് ചിലതും കാണുമ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ എന്താ പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക റോം റിട്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒക്കെയാണ് പറയുന്നത് ഏ അപ്പം ഞാൻ വിചാരിച്ചു എടാ അത് കൊള്ളാമല്ലോ കൊള്ളാമല്ലോ നമ്മളും അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളും കിട്ടും ഈ കാര്യവും കിട്ടും പക്ഷേ ദൈവത്തിൻ്റെ വഴി എന്തുവാ ദൈവത്തിൻ്റെ വഴി പാളയത്തിന് പുറത്തു പോവുകയാണെന്നുള്ള ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവസാന്നിധ്യം എവിടെയാണോ ആ ദൈവസാന്നിധ്യത്തോടൊപ്പം നിൽക്കുക അവിടെ പക്ഷെ എന്തുണ്ട് അവിടെ ഒരു നിന്നയുണ്ട് നിന്നയുണ്ട് നിന്ന ചുമന്നുകൊണ്ട് കണ്ടോ പതിമൂന്നിൻ്റെ പതിമൂന്നിൻ്റെ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് നിന്ന ചുമന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി നിന്ന ആലുവൊക്കെ എന്തുണ്ടായിരുന്നു നിന്നയുണ്ടായിരുന്നു രണ്ടാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു നാലാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് നിന്ന് മാറി നിന്ന മാറി അംഗീകാരവും പട്ടും പദവികളുമൊക്കെയായി ഇന്ന് അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടത്തിലും പതിനാറാം നൂറ്റാണ്ട് വന്നപ്പം മാർട്ടിൻ ലൂധറിൻ്റെ നേതൃത്വത്തിൽ പാളയം വിട്ടുപോക്കലുണ്ടായിരുന്നു ആ പാളയം വിട്ടുപോയവരെ കല്ലെറിയും അവർക്കൊരു മിന്നയും ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു ലൂധറൻ സഭ അതൊരു വേറൊരു അതിന് അംഗീകാരമായി കാര്യങ്ങളായി അന്നേരം വേറെ ഒരു കൂട്ടർ അവർ മുന്നോട്ട് പോയി ബെസ്ലിയുടെ നേതൃത്വത്തിൽ വേറൊരു കൂട്ടർ മെത്തോഡിസ്റ്റുകൾ പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി അതൊരു വേറൊരു പാളയെന്ന് പിന്നീട് എന്തുണ്ടായി പെന്തക്കോസ് പത്തൊൻപത് നൂറ്റാണ്ടിരോട് ഇരുപതാം നൂറ്റാ പെന്തക്കോസ് സഭകളുണ്ടായി ആ അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളക്കരയിൽ അതിനായിട്ട് ഇറങ്ങിയവർ എന്തുണ്ടായിരുന്നു വലിയ നിന്നുണ്ടായിരുന്നു പെന്തക്കോസുകാരൻ കുറച്ച് സ്കൂളിൽ ചെന്നവർ അത് ഏറ്റവും ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ക്ലാസ്സിലെ അധ്യാപകം വരെ ആക്ഷേപിക്കുമായിരുന്നു നിരന്തരം നിന്നുണ്ടായിരുന്നു നിന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നെന്താ ഇന്ന് നിന്ന് മാറിപ്പോയി ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെയാണ് ആ യോഗ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ വരുന്നത് അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ നിന്ന മാറിപ്പോയി നിന്ന മാറി പ്രിയപ്പെട്ടവരെ ഈ പാളയത്തിൻ്റെ പുറത്ത് നിന്നയ്ക്ക് വന്നുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ നിന്നുണ്ടായിരുന്നു എപ്പോഴും ദൈവം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് എന്തുണ്ട് നിന്നയുണ്ട് നമുക്ക് നിന്ന മാറിപ്പോയി നാളെ കുടമാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്ന് നമ്മളെ ആദരിച്ച് നമുക്ക് പൊന്നാടെ തരാൻ ശ്രമിച്ചാൽ ഉടനെ ഓർത്തോണം നമ്മുടെ കാര്യം കുഴപ്പമായിരുന്നു നമ്മൾ വിചാരിക്കുന്നത് എന്നാ ഈ നിന്നെയൊക്കെ മാറിപ്പോയി അനേകർ ഇവിടെ വന്ന് ഓ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആദരിക്കാനും ഒക്കെ തുടങ്ങുന്നതെന്ന് സ്വപ്നം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അങ്ങനെ വന്നാൽ അത് അപകടമാണെന്ന് ഓർത്തോണം നമ്മുടെ നിന്ന മാറിപ്പോകുമ്പോൾ നിന്നിട്ട് വന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് ചെല്ലുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന് എന്തുണ്ടായിരുന്നു കർത്താവ് ഒരു നിന്നിക്കപ്പെട്ടാണ് അവന് കിടന്നത് അവൻ്റെ രക്തം അത് ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നാൽ അവൻ്റെ ഉടലോ നഗ്നായിട്ട് നഗ്നനായിട്ട് അനേകർ നിന്ദിച്ച് പരിഹസിക്കപ്പെട്ട് അതങ്ങനെ കിടക്കുക അതങ്ങനെ കിടക്കുക ആ പാളയത്തിന് പുറത്തേക്ക് അവൻ്റെ നിന്ന് ചുവന്നുകൊണ്ട് നിരന്തരം പൊക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിക്കായിട്ടാണ് വിളിച്ചത് അതുകൊണ്ട് ഈ നിന്നയെ എന്താ ചെയ്യാൻ പോകുന്നത് ചിലരെ ചിലർ ഇതിനെ മാറ്റിയിട്ട് അതിനെ വലിയ അംഗീകാരത്തിൻ്റെ കാര്യങ്ങളാക്കാൻ പോവുക അതായത് നിന്നും നിന്നയും ആ നിലയിലുള്ള പീഡനവും പരിഹാസവും അതാണ് ഇവിടെ വച്ചിരിക്കുന്നത് പക്ഷെ ചിലരെന്താ ചെയ്യുന്നത് ചിലര് പറയുന്നത് തിയോളജി അനുസരിച്ചും ആ നിന്നയെല്ലാം മാറി കർത്താവിനായിട്ട് ഇറങ്ങുന്നവൻ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനാകും എന്നൊക്കെയുള്ള പുതിയ തിയോളജിയും കൊണ്ടുവരിക കണ്ടോ എങ്ങനെ നിന്ന് മാറിപ്പോണം സത്യത്തിൽ അവരന്വേഷിക്കുന്നത് എന്താ അവരുടെ ഹൃദയത്തിൽ തന്നെ അവർ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ദൈവത്തെയാണ് അവരന്വേഷിക്കുന്നത് ആ ദൈവം എന്താ ചോദിച്ചതെല്ലാം കൊടുക്കുന്ന എല്ലാം ഏ അന്വേഷിക്കുന്നവനെല്ലാം നന്മയും കിട്ടുന്ന അവന് അംഗീകാരവും നേട്ടവും കൊടുക്കുന്ന അവൻ്റെ സാമ്പത്തിക നില മെച്ചമാക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ ആണ് ആളുകൾ അന്വേഷിക്കുന്നത് അത് സത്യത്തിൽ അവരുടെ ഹൃദയത്തിൽ തന്നെയുള്ള ഒരു ദൈവമാണ് എന്നാൽ യോഹനാട്ടത്തെ സുവിശേഷത്തിന് എന്താ കാണുന്നത് ഒന്നിൻ്റെ കാണിക്കുന്ന പിതാവായ ദൈവം യേശുവിലൂടെയാണ് താൻ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ യഥാർത്ഥ രൂപം മനസ്സിലാകണമെങ്കിൽ ആരിലേക്ക് നോക്കണം യേശുവിലേക്ക് നോക്കണം യേശുവിയിലേക്ക് നോക്കണം ആ യേശു ഇന്നെവിടെ കിടക്കുന്നു പാളയത്തിന് പുറത്ത് നിന്ന ഏറ്റു കിടക്കുന്നു ആ യേശുവിനടുത്തേക്ക് നിന്ന ചുമന്നുകൊണ്ട് പോവുക അല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ഒരു ദൈവ സങ്കല്പത്തെ ചെയ്ത് അതിൻ്റെ പുറകെ പോവുകയല്ല നമ്മൾ കർത്താവിനെ തന്നെയാണ് പിന്പറ്റേണ്ടത് അങ്ങനെ പിൻപറ്റുമ്പോൾ നമുക്ക് പാളയത്തിന് പുറത്ത് പോകാതിരിക്കാൻ ഒക്കുകയില്ല നിന്ന് നമ്മുടെ അവകാശമായിട്ട് നമുക്ക് കാണാതിരിക്കാൻ ഒക്കുകയില്ല